മൂന്ന് അനന്തരം യോശുവ അതികാലത്ത് എഴുന്നേറ്റു അവനും ഇസ്രയേൽ മക്കളെല്ലാവരും ഷിറ്റിമിൽ നിന്ന് പുറപ്പെട്ട് യോർദാനികെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന് ജനത്തോട് കൽപ്പിച്ചത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവിയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം എന്നാൽ നിങ്ങൾക്കും അതിനുമിടയിൽ രണ്ടായിരം മുഴം അകലമുണ്ടായിരിക്കണം അതിനോട് അടുക്കരുത് അങ്ങനെ നിങ്ങൾ പോകേണ്ടെന്ന വഴി അറിയും ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെത്തന്നെ ശുദ്ധീകരിപ്പീൻ യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു പുരോഹിതന്മാരോട് യോശുവ നിങ്ങൾ നിയമപ്പെട്ടകമെടുത്ത് ജനത്തിനു മുമ്പായി അക്കര എന്നു പറഞ്ഞു അങ്ങനെ അവർ നിയമപ്പെട്ടകമെടുത്ത് ജനത്തിനു മുമ്പായി നടന്നു പിന്നെ യഹോവ യോശുവയോട് ഞാൻ മോശയോടു കൂടെ ഇരുന്നതുപോലെ നിന്നോടു കൂടെയും ഇരിക്കും എന്ന് ഇസ്രയേലെല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർക്കാണെ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങി നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാ ോർദാനിലെ വെള്ളത്തിന്റെ വക്കത്ത് എത്തുമ്പോൾ യോർദാനിൽ നിൽപ്പാൻ കൽപ്പിക്കാ എന്ന് അരുളി ചെയ്തു യോശുവ ഇസ്രയേൽ മക്കളോട് ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ ഹോവയുടെ വചനം കേൾപ്പീൻ എന്നു പറഞ്ഞു യോശുവ പറഞ്ഞതെന്തെന്നാൽ ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ട് അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ ഹിത്യർ ഹിവ്യർ പെരിസ്യർ ഗിർഗ്യർ അമോര്യ യബൂസ്യർ എന്നിവരെ നീക്കിക്കളയുമെന്ന് നിങ്ങൾ ഇതിനാൽ അറിയും ഇദാ സർവഭൂമിക്കും നാഥനായവന്റെ നിയമപ്പെട്ടകം നിങ്ങൾക്കു മുമ്പായി യോർദാനിലേക്ക് കടക്കുന്നു ആകയാൽ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം ഇസ്രയേൽ ഗോത്രങ്ങളിൽ നിന്ന് പന്ത്രണ്ടാളെ ൂട്ടുവിൻ സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും അങ്ങനെ ജനം യോർദാനക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിനുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാനെ വന്നു കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു സരേഫാൻ സമീപത്തുള്ള ആദം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി അരാബയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി ജനം എരിഹോവിനും നേരെ മറുകര കടന്നു യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം നിലത്തു നിലത്തുകൂടി തന്നെ നടന്നുപോയി